അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തുപുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം കരണവുമിന്ദ്രിയവും കളേപരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുപുരുവാണുതിരഞ്ഞുതേറിടേണം വെളിയിലിരുന്നു വിവർത്തമിങ്ങുകാണും വെളിമുതലായ വിഭൂതിയഞ്ജുമൂർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാന്തൻ അറിവും ഒരാതി മഹസ്സു മാത്രമാകും വിരളത വിട്ടുവിളങ്ങുമത്താം അറിവിലമർന്ന അതുമാത്രമായിടേണം ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതുമിതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിള കുതിക്കയും പിൻപൊലികയുമില്ലിതു ത്രിഗുണമയം തിരുനീരണിഞ്ഞു റീഷൻ അകമലരിട്ടു വണങ്ങിയ സകലവും അഴിഞ്ഞു തണിഞ്ഞു കേവലത്തിമറ്റു മഹസിലാണിടേണം ത്വത്പാദം ഭുജമക്ഷയാമി പരമം ത്വാം ചിന്തയാമ്യൻവഹം शरणं वामीशं शरण व्रजा वचसायाचे विभो वीक्षा मे दिशाक्षुषी शंभो दिव्य शिमं प्राथिता शंभोलोकगुरो मदीय मनसह सौख्योपदेश इनले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 अनुभूति ऐटकुच्ल पोक वरवे अवस्थान सत्यानुभ सत्यानुभूति आत्माुभूतिरवस्थ अति नाम स्वरूप अब मन आ രമണ മഹർഷി അരുണാചല അക്ഷരമണമാലയില് ഒരു പാട്ടില് പറയണു ഈ പോക്കും വരവും കൂടിയുള്ള അവസ്ഥ പോയി കിട്ടണം പോക്കും വരവും ഇല്ല പൊതുവെളിയിനിൽ അരുൾ പോരാട്ടം കാട്ടൻ അരുണാചല വരുക പോവുക എന്നുള്ളത് ആ അവസ്ഥകളൊക്കെ തന്നെ വിരഹത്തിനും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 वक वाल चिंती स्वरूपयोगम स्वरूपबोधम निर्विकलोगविकलबोधम निर्विकलोग निर्विकल सधियो निर्विकल बोधमेंद सहज निर्विकल सधिया ഒന്ന് സമാധിദശയിൽ മാത്രം ഉണ്ടാവണതാണ് മറ്റേത് സമാധിദശയിലൂടെ കടന്നുപോയിട്ടോ അല്ലാതെയോ പ്രത്യപിജ്ഞ കൊണ്ട് ഉണ്ടാവണത്താണ് ആ പ്രത്യപിജ്ഞ ഒരിക്കലും മാറില്ല ഞാനതാണ് എന്നുള്ള അനുഭവം त अस्तिव शरीरों मनसलो बुद्धिहंकारो अल् तुद्धाय शिवान अवत्ति दृढ़ीकरणापोव तत्रात्म दृढ़ीकूव अहमादिषु सन्त्यजन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 ശ്രീശങ്കരൻ എട്ടു വയസ്സിൽ ഗോവിന്ദഭഗവത്പാദരുടെ മുമ്പില് ചൊല്ലിയതാണ് ദശ ശ്ലോകി നമുക്ക് ആ കഥയൊക്കെ പ്രമാണമായി എടുക്കാമെങ്കിൽ എട്ടാമത്തെ വയസ്സിൽ ഗോവിന്ദഭഗവത്പാദരുടെ മുമ്പിൽ ചൊല്ലിയതാണ് ഇത്രയും ന ഭൂമിർ ന തോയം ന തേജോ നവായുഹും നഖം അനൈകാന്തികുഷു സിദ്ധേകോ വശിഷ്ട ശിവലോഹം പത്ത് ശ്ലോകങ്ങൾ ചൊല്ലി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ തൻ്റെ കൃ കൃത്യങ്ങളൊക്കെ പൂർത്തിയാക്കി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 ഭൗതിക തലത്തിൽ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് കാണാം ഒരു കാലത്ത് കണ്ടുപിടിച്ചത് അടുത്ത കാലത്ത് തള്ളിക്കളഞ്ഞു രമണ മഹർഷി ഇരുപതാമത്തെ വയസ്സിൽ ശിവപ്രകാശം പിള്ള എന്ന ഭക്തൻ ചോദിച്ചതിന് ഉപദേശിച്ച് എഴുതി കൊടുത്തതാണ് ഞാനാര് എന്നുള്ള പുസ്തകം ആ പുസ്തകത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ് വർഷം അവിടെ ഉണ്ടായിരുന്നിട്ട് തൻ്റെ എഴുപതാമത്തെ വയസ്സിലും പറയണത് ഒന്നും വ്യത്യാസമില്ല എന്നുവെച്ചാൽ സത്യത്തിൽ സ്വരൂപത്തിൽ ഗ്രഡേഷൻസ് ഒന്നുമില്ല ഗ്രഡേഷൻസ് ഒക്കെ മനസ്സിലാണ് മാറുക ഉയരുക താഴുക ഇതൊക്കെ മനോമണ്ഡലമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ കൂടുക കുറയുക ഏറുക ഇറങ്ങുക ഒന്നുമില്ല വരവൊന്നുമില്ല ആ സത്യത്തിൻ്റെ അനുഭവം നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകത്തിലും അദ്വൈത ഏത് കൃതികളിൽ കണ്ടാലും അനുഭൂതിയുടെ രസം ഒന്നു തന്നെ ഒന്നും മാറ്റല്ല എന്തിനാണിപ്പോ അനുഭവിച്ചത് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് പുതിയതായിട്ടൊന്നുമില്ല നിങ്ങളൊക്കെ അനുഭവിക്കുന്നത് തന്നെയാണ് പക്ഷെ നിങ്ങളെ അറിയണില്ല രമണ മഹർഷിയുടെ അടുത്ത് പല ഭക്തന്മാരും വളരെ ചാതുര്യത്തോടുകൂടെ ജ്ഞാനിയുടെ അവസ്ഥയെക്കുറിച്ച് ചോദ്യം ചോദിച്ചു ഉത്തരം സമ്പാദിച്ചിട്ടുണ്ട് ഒരാള് ചോദിച്ചു ഭഗവാൻ ജ്ഞാനികൾ ജഗത്തിനെ മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കാണുന്നു എന്നും ബ്രഹ്മമായിട്ട് കാണുന്നു എന്നൊക്കെ പറയണമല്ലോ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു നിങ്ങളൊക്കെ എന്താണോ കാണുന്നത് അതേ ഞാനും കാണുന്നുള്ളൂ പക്ഷെ നിങ്ങൾ ഞാൻ കാണുന്നതിനേക്കാളും കൂടുതൽ കാണുന്നുണ്ടെന്ന് മാത്രം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 അഹം എന്ന അനുഭവത്തിനെ മാത്രമാണ് അറിവ് എന്ന് പറഞ്ഞത് നമ്മൾ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക ബുദ്ധി കൊണ്ട് അറിയുക മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ഇതിനാണ് അറിവെന്ന് പറയുന്നത് ഗുരുദേവനാകട്ടെ അഹം എന്ന അനുഭവത്തിനെ മാത്രം അറിവായിട്ട് സമ്മതിച്ചുകൊണ്ട്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 വിചാരുണ്ട് അതില് സ്വപ്രകാശ ലക്ഷണം പറയുമ്പോ അനുഭൂതി അനുഭൂതി സ്വയം പ്രകാശമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അനുഭൂതിത്വാത് അനുഭൂതി ആയതുകൊണ്ട് എന്തുപോലെ എന്ന് ചോദിച്ചാൽ അനുഭൂതിവത് എന്നാണ് അനുഭൂതി പോലെ आनुभूति एहमान आ अुभूति स्वरूप अहमल नंधर नाम अहमहमनियाण स्वबोधे न अन्बोधे बोधरूपतयात्म न दीप से अन्दीपेछा यथास्वात्म प्रकाशने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 അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മം എന്നല്ല അർത്ഥം അങ്ങനെ ആളുകൾ ധരിച്ചു വെക്കുന്നുണ്ട് ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം നമുക്കറിയില്ലല്ലോ ഞാൻ രാമൻ ഞാൻ കൃഷ്ണൻ എന്നു പറയണ പോലെ ഞാൻ ബ്രഹ്മം എന്നല്ല ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്നത് എന്തോ ലക്ഷ്യാർത്ഥം അതിന്റെ സ്വരൂപം നമുക്ക് ബ്രഹ്മം അറിയില്ല ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു വാക്കു മാത്രമാണ് ആളുകൾ പലപ്പോഴും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 അവനവന്റെ അസ്തിത്വത്തിൻ്റെ അനുഭവം ഉണ്ടല്ലോ അതിന്ന് സകല ഉപനിഷത്തുകളും വന്നോളും ശാസ്ത്രങ്ങളുടെ മുഴുവൻ യോനി അവനവന്റെ സത്താ അനുഭൂതിയാണ് അവനവന്റെ സ്വാനുഭൂതിയാണ് അവനവൻ്റെ അസ്തിത്വത്തിൻ്റെ അനുഭൂതിയാണ് അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന മനുഷ്യൻ വളരെ വേഗം ഋഷിയായിക്കൊള്ളും ഋഷിത്വം സിദ്ധിച്ചോളും അവന് അതുകൊണ്ട്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 മഹർഷിയെ കണ്ടവര് ഒക്കെ മഹർഷിയുടെ ആ ഇരുപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഗുരുദേവനെ കണ്ടവര് പലരും എഴുതി വെച്ചത് എനിക്കൊരു സങ്കടം ഉള്ളത് അതാണ് അത്ര കണ്ട് ചോദ്യം ചോദിച്ചു ഉത്തരങ്ങൾ വാങ്ങിച്ചും ഗുരുദേവന്റെ വ്യക്തിത്വത്തിന് അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനസ്ഥിതിയെ പ്രകാശിപ്പിച്ചും നമുക്ക് അത്ര കണ്ട് കിട്ടുന്നില്ല നമുക്ക് അദ്ദേഹത്തിന്റെ തന്നെ കൃതികളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രമാണമായിട്ടിരിക്കണത് അത് ഒരുവിധത്തിൽ നല്ലതുമാണ് കാരണം അവരവരുടെ ഭാവന ചിലപ്പോൾ കലരും എങ്കിലും നല്ല ഭക്തിയും ശ്രദ്ധയും ഉള്ളവർ കണ്ട് കണ്ട് എഴുതി വെക്കുന്നതും ഒരു സുഖാണ് നാരായണ എഴുതി വെച്ചവരുടെയും ചില കൃതികളിലൊക്കെ കാണാം എന്തോ ഒരു രാമകൃഷ്ണപരമംശര് പറയുന്ന പോലെ കോഴി അടയിരിക്കണ പോലെ ഒരു ഇരിപ്പ് വേദം തന്നെ വർണ്ണിക്കേണ്ടത് തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂറയ ദിവ ചക്ഷുരാതം എവിടെയോ വേക്കൻ സ്പേസിലേക്ക് നോക്കണ പോലെ ഒരു ദൃഷ്ടി പുറമേക്ക് ഒന്നും കാണുന്നില്ല കണ്ണു തുറന്നിരിക്കുന്നു ഇതിന് തമിഴിലെ ഒരു ചൊല്ലുണ്ട് ആട്ടിന്റെ കണ്ണു പോലെ എന്നാണ് വെച്ചാൽ മനുഷ്യന് ആടിന്റെ കണ്ണ് വെച്ചു കൊടുക്കും ആ കണ്ണൊന്നും കാണാനൊന്നും കൊള്ളില്ല കണ്ണിന് വേണ്ടി വെച്ചുകൊടുക്കും അതുപോലെ പുറമേക്ക് ദൃഷ്ടിയില്ലാത്തൊരു ദൃഷ്ടി പിന്നെ എന്തിനെയാ കാണുന്നത് കാണുന്നവനിൽ തന്നെ രമിക്കുന്ന സ്ഥിതി ചിത്വദർശനം തത്വദർശനം ഉപദേശസാരത്തിൽ ഒരിടത്ത് പറയണു ഭഗവാൻ രമണ മഹർഷി ചിത്വദർശനമാണ് ആത്മ സംസ്ഥിതി ഹി സ്വാത്മദർശനം താൻ തന്നിൽ ഇരിക്കലാണ് അത് അകമേക്ക് യാത്ര ചെയ്തവർക്ക് മാത്രം മനസ്സിലാവണതാണ് അറിവിലമർന്ന് അപരത്വമാർന്നിടാതെ ഈ അപരത്വമാർന്നിടാതെ എന്ന് വെച്ചാൽ അന്യൻ എന്ന് പറയുന്നത് വരണത് തന്നെ ചിത്തവൃത്തികളിലാണ്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 Kushalathiyo Malayali Ayrunodheyan palakadu karenana Narayanaguru Swami de, samadhi kye mumbi ibadah vannu kanduttu ondu. Ramana Bhagwan pareneta Narayanaguru Devanay vannu kanduttu ondu Ramanaashramatthana chernarengeng ondu vannu ennudu. Apo kunjus Swami inserintu paranyu. Skandashramatthil aana Malayana mughalile. Arunachalaththil mughalile.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 നമ്മുടെ ഭഗവാന്റെ അടുത്തും വളരെ അടുപ്പുണ്ടായിരുന്നു നല്ലൊരു യോഗിയായിരുന്നു അദ്ദേഹം പിൽക്കാലത്ത് അവിടെ നിന്നാണ് വന്നത് സ്കന്ധാശ്രമത്ത് വരുമ്പോഴുള്ള ഇൻസിഡൻ്റ് ആണ് കുഞ്ഞു സ്വാമി പറഞ്ഞത് സ്കന്ധാശ്രമത്തിൽ അഴിയിട്ടിട്ട് അകത്ത് മഹർഷി ഇരിക്കുന്നുണ്ട് നാരായണ കൂടെ വന്നവർ രണ്ട് സന്യാസികളെ അകത്ത് ചെന്ന് നമസ്കരിച്ചു നാരായണ ഗുരുദേവൻ പുറത്തുനിന്ന് നോക്കി മഹർഷിയും നോക്കണുണ്ട് ഒന്നും മിണ്ടിയില്ല അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചില്ല അവിടുന്നൊന്നും പറഞ്ഞില്ല അവിടെ ഒരു ചോട്ടൽ പുറത്തൊരു മരത്തിൻ്റെ ചോട്ടൽ ചെന്ന് നാരായണ ഗുരുദേവൻ അവിടെ ഇരുന്നു ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് കഴിക്കേണ്ട സമയമായപ്പോ മഹർഷി പുറത്തു വന്ന് we saw through Malyana and said about the�aucoup of availability입니다 nor returnedまで to Yemen so not for a second one said that will be an utmost expectation but there misuse to seek refuge the chains that I have been sheltered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 ആ കൊച്ചുകുട്ടികൾ ആരെങ്കിലും വന്നാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവര് അവരുടെ പാട്ട് നടന്നു പോയാലോ ആർക്കും ഒരു വിഷമം തോന്നില്ല അല്ലേ എന്താന്ന് വെച്ചാ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാവങ്ങളൊന്നുമില്ല ഞാനൊന്നുമില്ല മറ്റുള്ളവനൊന്നുമില്ല ചി ഒന്നുമില്ല ഊണ് കഴിച്ചിട്ട് നാരായണഗുരുസ്വാമി അവിടെ രമണ ഭഗവാൻ അദ്ദേഹത്തിന് ഒരു പതിനൊന്നര മണിക്കൂർ നടക്കാൻ പോക്കുണ്ടായിരുന്നു നടക്കാൻ പോയി നടക്കാൻ പോവാന്ന് വെച്ചാൽ തിരിഞ്ഞ് ഒന്ന് പറഞ്ഞിട്ടെങ്കിലുമൊക്കെ പോകില്ലേ ആ പറഞ്ഞിട്ട് പോക്കൊന്നും ഇല്ലാതെ അങ്ങോട്ട് അങ്ങോട്ട് പോയി അത് നോക്കുമ്പോ വളരെ എന്താ നമ്മുടെ പറ ഇന്നലെ മറ്റോ പറഞ്ഞില്ലേ ഭരതനാട്യം അറിയുന്ന ആൾക്ക് ഭരതനാട്യം കളിച്ചാൽ അറിയാം കഥകളി അറിയുന്ന ആൾക്ക് മുദ്ര കാണിച്ചാൽ അറിയാം ഈ അന്യൻ ഇല്ലാത്ത സ്ഥിതി അന്യൻ ഇല്ല എന്ന് പറയാം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 ഇങ്ങനെ തിരിഞ്ഞാ ഇല്ല എന്നാണ് യോഗവാസിഷ്ടത്തില് ജീവൻ മുക്തന്റെ അവസ്ഥയെ പറയാം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് രൂപം പ്രതിഫലിച്ചു ഇങ്ങനെ തിരിഞ്ഞ കണ്ണാടിയിലൊന്നുമില്ല മുമ്പിൽ കാണുമ്പോ ഉണ്ട് ഇങ്ങട് തിരിഞ്ഞില്ല അവിടെ ആളില്ല ലോകം എന്ന് പറയുന്നത് സൃഷ്ടി ദൃഷ്ടി എന്നാണ് പറയാം ആ ദൃഷ്ടി സൃഷ്ടിയോ സൃഷ്ടി ദൃഷ്ടിയോ ഒക്കെ സൃഷ്ടി ദൃഷ്ടി എന്ന് പറയുന്നത് സാധാരണ സൃഷ്ടിച്ചിട്ട് നമ്മൾ കാണുന്നു എന്നാണ് യോഗികളുടെ അനുഭവം ദൃഷ്ടി സൃഷ്ടിയാണ് അവിടെ കാണുമ്പോ ഉണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇല്ല അങ്ങട് തിരിഞ്ഞ കഴിഞ്ഞു പ്രപഞ്ചമില്ല കാണുമ്പോ വ്യവഹാരത്തിനുണ്ട് ഇങ്ങട്ട് കഴിഞ്ഞാൽ അത് സൈക്കോളജിക്കൽ ഇംപ്രഷൻസ് ഒന്നുമില്ല മഹർഷി നടക്കാൻ പോയി അപ്പോഴാണത്രേ ഗുരുദേവൻ ഈ നിർവൃത്തി പഞ്ചകം എഴുതിയത് വരുന്ന ആളെ ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാതിരിക്കുക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 കോ നാമദേശ കാ ജാതിഹി പ്രവൃത്തിയ ദ്വയ ഇത്യാദി വാദോപരത്തി യുവ നിർവൃത്തി വാക്കുപയോഗിച്ചിരിക്കണത് എന്നാണ് നിർവൃത്തി മനസ്സിന്റെ ഒരു ഭാവമല്ല ബുദ്ധിയുടെ ഒരു നിശ്ചയമല്ല സ്വാനുഭൂതിയിൽ നിന്ന് മാത്രം വരുന്ന സുഖത്തിനെയാണ് നിർവൃത്തി എന്ന് പറയണത് ൂ ഫുൾമെന്റ് തികവ് നിറവ് കുറയില്ലാത്ത സ്ഥിതി ആ നിർവൃത്തി എപ്പോഴൊക്കെ വ്യക്തിത്വം ഉണ്ടാവണോ അപ്പോഴൊക്കെ ഭൂമാവിൽ ഖണ്ഡമുണ്ടാവും ഖണ്ഡസംവിത്ത് എന്ന് പറയും സംവിത്ത് ഖണ്ഡിക്കപ്പെടും ബോധം ഖണ്ഡിക്കപ്പെടുന്നത് ഞാൻ എന്നുള്ള വ്യക്തി ഉദിക്കുമ്പോഴൊക്കെ തന്നെ ചിത്തിൻ വയത്തിൽ ചിരിയതൊണ്ട് പിറന്താൽ എന്ന് ചോദിച്ചു ഒരാൾവാർ ചിത്തിൻ വയത്തിൽ ചിരിയതൊണ്ട് പിറന്താൽ തിണ്ട് എങ്കേ കിടക്കും അത്തൈതിൻറ് അങ്കേ കിടക്കും ഈ അഖണ്ഡമായ പ്രജ്ഞയിൽ ഞാൻ എന്നുള്ള അഭിമാനം എന്തിനാ ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യത്തിന് ശേഷം തത്വമസി എന്നൊരു മഹാവാക്യത്തിന്റെ ആവശ്യം വരണത് ഞാൻ മാത്രമായിട്ട് ബ്രഹ്മമായിരിക്കാൻ പാട്ട് പാറ്റില്ല ഞാൻ ബ്രഹ്മമാണെന്നും നിങ്ങളെ സ്ത്രീയാണെന്നും പുരുഷനാണെന്നും ഞാൻ കാണുമ്പോ എൻ്റെ ബ്രഹ്മത്വം പോയി പോകും ഞാൻ വ്യക്തിയായി പോകും ഞാൻ വ്യക്തിയായില്ലാതെ മറ്റൊരു വ്യക്തിയെ കാണാൻ എപ്പോ എന്നിൽ വ്യക്തിത്വം പോയോ അപ്പോ സകലതും അതിൻ്റെ വടിവായി മാറിയിടുന്നു കാണുന്നതൊക്കെ തന്നെ സ്വരൂപമായി തീർന്നു കാണുന്നതൊക്കെ എന്റെ തന്നെ സ്വത്വം എന്താണോ അതാണ് പ്രപഞ്ചം ദൃഷ്ടും ജ്ഞാനമയും കൃത്വം പശ്യേത് ബ്രഹ്മമയം ജഗത് അതുകൊണ്ട് അറിവിലമർന്ന് വെച്ചാൽ കേവലമായ സത്തയിലെ സത്താചിത് സുഖരൂപമായ തന്റെ സ്വരൂപത്തിലിരുന്ന് അപരത്വമാർന്നിടാതെ അന്യനില്ലാത്ത സ്ഥിതി ഞാൻ എന്നുള്ള സ്വാനുഭൂതിയെ വിട്ട് വിലകാതെ മനസ് ശരീരം പ്രപഞ്ചം ഇതൊന്നും തന്നെ ആ സത്തയില് വാസ്തവത്തിലെ ഒരു സ്പർശവും ഏൽപ്പിക്കണില്ല ഇന്ദ്രിയങ്ങളോ മനസ്സിനെയോ ഉപയോഗിച്ചുകൊണ്ടല്ല ഞാനിയുടെ സ്ഥിതി അതുകൊണ്ടാണ് പരമരഹസ്യം എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾക്ക് മനസ്സും ഇന്ദ്രിയങ്ങളും കൂടാതെ അറിയാനോ വ്യവഹരിക്കാനോ ഒരു കാരണമില്ല ഒരു ഉദാഹരണം പറഞ്ഞ ഈ പ്ലെയിന് ും അതിന് രണ്ട് ചിറകും രണ്ട് ചക്രവും ഒക്കെ ഉണ്ട് ചോട്ടല് കാണുന്നവർക്ക് ഓഹ് ഈ ചക്രവും ചിറകുവാണ് പ്ലെയിനിന്റെ മുഖ്യമായ ഇൻസ്ട്രുമെന്റ് തോന്നും പക്ഷെ ഈ ചക്രം റൺവേയിൽ ഓടാനുള്ളതാണ് അതിൻ്റെ ഗ്രൗണ്ടിൽ ഓടാനുള്ളതാണ് നമുക്ക് പ്ലെയിനിന്റെ അകത്ത് ഇരുന്നാൽ കാണാം ആദ്യമൊക്കെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ വേഗത്തില് റൺവേയിൽ ഓടുന്ന ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഉള്ളിലിരുന്നാൽ ആ ചക്രം ഓടി കുറച്ച് കഴിയുമ്പോ ആ യന്ത്രം പിൻവാങ്ങുകയും മറ്റൊരു മോട്ടോർ പ്രവർത്തിക്കുന്നതും നമുക്ക് കാണാം അപ്പോഴാണ് ഈ ടേക്ക് ഓഫ് ആവുന്നത് നമ്മളെ മനസ്സും ഇന്ദ്രിയങ്ങളും ഈ റൺവേയിൽ ഓടാനുള്ളതാണ് അത് ലോകത്തിനെ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 പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയുന്നു അതിനിരയായിടുന്നു സർവം എന്ന് ഇന്നലെ പറഞ്ഞത് അരണി കടഞ്ഞെഴും അപ്പൊ അരണി കടയണം അല്ലേ സ്വദേഹം അരണിം കൃത്വ പ്രണവം ച ഉത്തരാരണിം ധ്യാന നിർമ്മഥനാഭ്യാസാത് ദേവം പശ്യേത് നിഗൂഢവത്ത് എന്ന് ശ്വേതാശ്വത ഉപനിഷത്തില് ഒരു മന്ത്രുണ്ട് ദേഹത്തിനെ ഒരണിക്കോലാക്കി പ്രണവത്തിനെ മറ്റൊരണിക്കോലാക്കി മനനം എന്നിട്ട് ധ്യാനം എന്നുള്ള മഥനത്തിലൂടെ അകത്തുള്ള ദേവനെ കണ്ടെത്തണം ദേവം പശിയേത് നിഗൂഢവത് അപ്പോ ആ ധ്യാനമഥനം എങ്ങനെ ചെയ്യും